ൾ ശുദ്ധമായ അഹംപദ അർത്ഥം ചൈതന്യം ബ്രഹ്മം തന്നെ ഹൃദയത്തിലെ അഖണ്ഡ ആകാശമായിട്ട് ചിരാകാശമായിട്ട് പ്രകാശിക്കും അതിന്റെ സ്വരൂപമോ അമൃതമാണ് ആനന്ദരൂപം അമൃതം യദ്തി എന്നാണ് ശ്രുതി അമൃതസ്വരൂപം ഉള്ളിലങ്ങനെ തെളിഞ്ഞു വരും അമൃതാനുഭവം ഉള്ളിലേർപ്പെടും അപ്പോ ഭഗവാനെ അനുഭവിക്കുക എന്ന് വെച്ചാൽ എന്താ ഈ അമൃതത്വം അനുഭവിക്കലാണ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മരണമില്ലായ്മ അനുഭവിക്കും ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ മരണത്തിന്റെ സ്പർശമില്ലാത്ത നമ്മളുടെ സ്വരൂപത്തിനെ കണ്ടെത്തലാണ് ഭഗവത് അനുഭവം എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ എങ്ങനെയുമൊക്കെ ആരാധിച്ചാലും അവസാനം ഈ അമൃതാനുഭൂതി മഹാരാഷ്ട്ര സന്ധുക്കളില് വാഴക്കാരി സമ്പ്രദായം ഭക്തന്മാരൊക്കെ പാശ്രയിച്ച് ഭജനവാടിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായം അതൊക്കെ ആരംഭിച്ചു വെച്ചത് ജാനേശ്വരനാണ് ജ്ഞാനേശ്വരന്റെ രണ്ട് ഗ്രന്ഥങ്ങൾ അതിന് പ്രമാണം ഒന്ന് ജ്ഞാനേശ്വരി ഭഗവത്ഗീത മറ്റൊന്ന് അമൃതാനുഭവം എന്ന ഒരു ഗ്രന്ഥം ഈ ഉള്ളില് ഭഗവാനെ അനുഭവിക്കലാണ് അമൃതാനുഭവം അമൃതസ്വരൂപമായി ആത്മാവിനെ അനുഭവിക്കുക അപ്പൊ അന്തർബിപൂരുഷകാലൈ പ്രയച്ഛതോ മൃത്യു ഉതാമൃതം ചയാമനുഷ്യ മതസ്വവിധ ഭഗവാനെ മനസ്സ് ലോകത്തിലിങ്ങനെ അലഞ്ഞു നടക്കാം ലോകവിഷയത്തിൽ പെട്ടിരിക്കുന്ന മനസ്സിനെ പെട്ടെന്നെങ്ങട് പിടിച്ചുവലിച്ച് ആത്മധ്യാനം ചെയ്യിപ്പിക്കാൻ സാധ്യമല്ല ഭഗവത് കഥകൾ കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും ഇവിടെ കാണാനില്ല കഥാശ്രവണം കഥാശ്രവണം കഥാശ്രവണം കൊണ്ട് സ്മരന്ത സ്മാരയന്ത വിധോ അഗൗഗഹരം ഹരി ഭക്ത സഞ്ജാതയാ ഭക്യാ ും കഥകളെ കേട്ടും സ്മരിച്ചും സ്മരിപ്പിപ്പിച്ചും മറ്റുള്ളവരെ സ്മരിക്കാൻ വെച്ചും ആനന്ദിക്ക അതുകൊണ്ട് കഥ പറയൂ കൃഷ്ണകഥ പറയൂ ഭഗവാൻ എന്തൊക്കെയാ ചെയ്തത് രോഹിണീപുത്രനായി ജനിച്ച് സംഘർഷണമൂർത്തിയായ ബലരാമസ്വാമി എന്തൊക്കെ ചെയ്തു ദേവകിരി ജനിച്ച് ശ്രീകൃഷ്ണ എന്തൊക്കെ ചെയ്തു ഭഗവാൻ എത്ര വിവാഹം കഴിച്ചു വളരെ കഥയായിട്ട് തന്നെ പരീക്ഷിച്ച് ചോദിക്കുന്നു ബന്ധുക്കളോടുകൂടെ എങ്ങനെ എത്ര വർഷം വസിച്ചു വ്രജത്തിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്തു ഇതൊക്കെ ഏകദേശം കേട്ടിട്ടുണ്ടേ പക്ഷെ മുഴുവൻ അങ്ങനെ രസിച്ച് കേൾക്കാനുള്ള കൊതിയോടുകൂടെ ചോദിക്കുകയാണ് എത്ര വർഷം മനുഷ്യരൂപം ധരിച്ചു ഭഗവാൻ ഈ ലോകത്തിലെ നാടകം കളിച്ചു ഇതൊക്കെ വക്തുമറി ഹസി സർവജ്ഞ്രായ വിസ്തൃതം ചുരുക്കി പറയാൻ പാടില്ല ഹേ സർവജ്ഞനായ മുനേ ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ ഞാനിവിടെ ഇരിക്കുകയാണ് വിസ്തരിച്ച് പറയാം ശുഖാചാര്യര് പരീക്ഷത്തിന്റെ വയറിലേക്ക് ഒന്ന് നോക്കി എന്താന്ന് വെച്ചാൽ രാജാവണേ രാവിലെ പാല് പഴം ഉച്ചയ്ക്ക് ചാപ്പാട് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും ആഹാരം പല സുഖഭോഗ ഭക്ഷണങ്ങളും കഴിച്ച് സുഖമായിട്ട് പുഷ്ടിപ്പെട്ട് വളർന്ന ശരീരമാണ് ഇപ്പതാ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അങ്ങനെ സുഖബ്രഹ്മ മഹർഷിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുക അങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് വേണം കഥ പറയാൻ തന്നെ കണ്ണു ചിവിട്ടാതെ ഇരിക്കാണ് പരീക്ഷിത് അപ്പൊ ശുഖാചാര്യന് അദ്ദേഹം അദ്ദേഹത്തിന് ആഹാരം കിട്ടിയാല് ശരി കിട്ടിയിട്ടില്ലെങ്കില് ശരി അദ്ദേഹത്തിനൊന്നും പ്രശ്നമല്ല അദ്ദേഹം യോഗിയാണ് പരീക്ഷത്ത് രാജാവായിട്ടുണ്ടായിരുന്ന ആളാണല്ലോ അപ്പൊ ഇത്രയധികം വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും ശരീരത്തിന് അങ്ങനെ ഉള്ളപ്പോ വലതൊക്കെ കഴിക്കണ്ടേ എന്നുള്ള ഭാവത്തിലെ ശുഭബ്രഹ്മ മഹർഷി ഒന്ന് നോക്കിയപ്പോ പരീക്ഷിച്ച് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കിപ്പോ വിശപ്പോ ദാഹവോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല ഞാനൊരു അമൃതം നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് വിശപ്പോ ഇല്ല ദാഹവും വെള്ളം പോലും കുടിക്കണില്ല പരീക്ഷത്ത് തന്നെ സമ്മതിക്കുന്നു കുടിക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കണമല്ലോ ചെവി കൊണ്ട് വായ കൊണ്ടല്ല ചെവി കൊണ്ട് പിബന്ധം ത്വൻ മുഖാം ഭോജു ഹരികഥാമൃതം അങ്ങയുടെ മുഖത്ത് എന്താ ഒഴുകുന്ന അങ്ങയുടെ മുഖത്ത് നിന്ന് ഒഴുകുന്നത് എന്താ ഹരികഥാമൃതം ഹരികഥ ആകുന്ന അമൃതം ൃതം അതുകൊണ്ട് വിശപ്പോ എനിക്ക് ദാഹമൊന്നും പ്രശ്നമല്ല ഭഗവാനെ കഥ പറയും ചെവിക്ക് ഉണവ് ഇല്ലാതെ പോരിത് വയത്തുക്ക് ഉണവ് തമിഴിൽ ചൊല്ലുണ്ട് ഭക്തന്മാർക്ക് അങ്ങനെയത്രേ സെവിക്ക് കേൾക്കാൻ കഥയോ നാമസങ്കീർത്തനോ ഒന്നും ഇല്ലെങ്കിൽ വയറിനു വല്ലതും വേണമെങ്കിൽ പക്ഷെ നമുക്കതൊന്നും പറ്റാത്തതുകൊണ്ട് സപ്താഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചാപ്പാടക്കെ വേണം ഇല്ലെങ്കിൽ കഥാശ്രവണമൊന്നും നടക്കില്ല അല്ലെങ്കിൽ അപ്പോ പരീക്ഷത്തിനെ പോലെ അതുകൊണ്ടാണ് പരീക്ഷത്തും ഒരേ ഒരു പ്രാവശ്യം കേട്ടോളൂ ഒരൊറ്റ പ്രാവശ്യം ഒരുപക്ഷെ ഭാഗവത ശ്ലോകമൊന്നും ചൊല്ലിയാ പരീക്ഷത്തിന് ബൈഹാർട്ടൊന്നും അറിയില്ല ഒരു പ്രാവശ്യം അത് ലക്ഷ്യാർത്ഥ ശ്രവണമാണ് വാച്യാർത്ഥ ശ്രവണമല്ല വേദാന്തികൾ പറയും വാച്യാർത്ഥ ശ്രവണം ലക്ഷ്യാർത്ഥ ശ്രവണം എന്ന് രണ്ടെണ്ണം ഉണ്ട് വാച്യാർത്ഥ ശ്രവണം എന്താന്ന് വെച്ചാൽ നമ്മൾ പറയണതിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കൽ വാച്യാർത്ഥ ശ്രവണം ലക്ഷ്യാർത്ഥ ശ്രവണം എന്താന്ന് വെച്ചാൽ ഭഗവത് കഥകൾ പറയുമ്പോൾ ആ വാക്കിലോ അർത്ഥത്തിലോ ഒന്നുമില്ല അതിന്റെ അനുഭൂതിയില് ആണ് ലക്ഷ്യാർത്ഥ ശ്രവണം കേൾക്കുമ്പോൾ അനുഭൂതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അത് വെറും വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കലല്ല വെർബൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല എക്സ്പീരിയൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് അനുഭൂതിയോടുകൂടെയുള്ള ശ്രവണം അപ്പൊ പരീക്ഷത്തിന് ഒരൊറ്റ പ്രാവശ്യമേ കേൾക്കേണ്ടി വന്നുള്ളൂ ഇങ്ങനെ പരീക്ഷത്തു പറഞ്ഞപ്പോ സുഖബ്രഹ്മമഹർഷി ദശമസ്കന്ധം കൃഷ്ണകഥ പറഞ്ഞ് ആരംഭിച്ചു എന്നാണ് ഏവം നിശമ്യ ഭഗുനന്ദന സാധുവാദം വയാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാദം പ്രത്യക്ഷ കൃഷ്ണചരിതം കലിക്കൽമശ്നം വ്യാഹർത്തുമാരഭ ഭാഗവത പ്രധാന ഭാഗവത പ്രധാന സുഖബ്രഹ്മമഹർഷി ആരാണ് ഭാഗവതന്മാരിൽ ഏറ്റവും പ്രമുഖൻ സുഖബ്രഹ്മ മഹർഷി അതുകൊണ്ട് ഭാഗവത പ്രധാന മറ്റൊരർത്ഥം ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനമായ സ്കന്ധമായതുകൊണ്ട് ഭാഗവത പ്രധാന എങ്ങനെയാപ്പൊ കൃഷ്ണകഥ പറഞ്ഞ് ആരംഭിച്ചതെന്ന് വെച്ചാൽ പരീക്ഷത്തിന്റെ ഭക്തിയോടുകൂടി കേൾക്കാനുള്ള ഈ ചോദ്യം കേട്ടപ്പോ ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യസി സ ഭഗവാൻ ഇവിടെ വ്യാസ ഭഗവാൻ തന്റെ പേരവിടെ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചു കൃഷ്ണകഥ രസിച്ച് ശുഖബ്രഹ്മ മഹർഷി പറയുമ്പോ തനിക്ക് അല്പമൊന്ന് പേര് കിട്ടിക്കോട്ടെ മുദ്ര വെച്ചു വയ്യാസി ഹി വൈ വ്യാസന്റെ പുത്രനായ ആ ശുഖാചാര്യര് സ ഭഗവാൻ ഹ പരീക്ഷത്തിന് ഇവിടെ വിഷ്ണുരാധൻ എന്നുപേര് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനായ വിഷ്ണുരാധനെ പ്രത്യർച്ച സാധാരണ ഗുരുവിനെ ശിഷ്യന്മാരെ അർച്ചിച്ച് പൂജിച്ച് വന്ദിച്ച് കഥ ചോദിക്കും ഇവിടെ ഒമ്പത് സ്കന്ധം കേട്ടിട്ട് കൃഷ്ണകഥ പറയൂ എന്ന് ഭക്തിയോടെ ചോദിക്കുന്ന പരീക്ഷത്തിനെ പ്രത്യർച്ചകൃഷ്ണചരിതം കളികൾ അങ്ങോട്ടങ്ങടെ ആദരിച്ചു എന്നാണ് ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനെ അങ്ങോട്ട് ആദരിച്ചു ആദരവോടുകൂടെ പരീക്ഷത്തിനെ ഒന്ന് അർച്ചിച്ചു മനസ്സുകൊണ്ട് അങ്ങനെ അർച്ചിച്ചുകൊണ്ട് ചോദിച്ചു പ്രത്യക്ഷ കൃഷ്ണചരിത്രം കലി കല്മഷ്നം കലിയുടെ കൽമഷം ഇല്ലാതാക്കുന്നത് കാലു മാഷ കലി നമ്മളുടെ ഉള്ളിൽ അതിശുദ്ധന്മാരെ പോലും അശുദ്ധന്മാരാക്കുന്നതാണ് കലിയുടെ സ്വഭാവം കലി എന്തു ചെയ്യും എങ്ങനെ അശുദ്ധമാക്കും എന്ന് വെച്ചാൽ കൽമഷം ഉള്ളിൽ പ്രവേശിപ്പിക്കും നമ്മളെ കൊണ്ട് തന്നെ തെറ്റി ചെയ്യിപ്പിക്കും നമ്മളുടെ ബുദ്ധിയിൽ കയറിയിരുന്ന് ുദ്ധിയിൽ പ്രവേശിച്ച് നമ്മളുടെ ചിന്തയുടെ സരണിയെ തന്നെ മാറ്റി കൽമഷം അതാണ് കൽമഷം അപ്പോ കലിയുടെ സ്വഭാവം കൽമഷം കൽമഷം എന്നുള്ള വാക്കുകൾ തന്നെ കൊണ്ടതാണ് കാല് മാ ഷ ക്രോധം ലാന്ന് ലോഭം മാ എന്ന് വെച്ചാൽ മതം മാത്സര്യം ഷ എന്നുള്ളത് ഈ ഷഡ്വികാരങ്ങളോട് കൊണ്ടാണ് കലികൽമശ്ലം ഈ കലികൽമശത്തിനെ എങ്ങനെ നീക്കും മാനസികമായി വികാരമാണല്ലോ കാമവും ക്രോധവും ലോഭവും മോഹവും അതവും അത്സരിയും ഒക്കെ അതിനെ കർമ്മം കൊണ്ട് നീക്കാൻ സാധ്യമല്ല കർമ്മം എത്ര ചെയ്താലും പുറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന പാമ്പിനെ പുറമേക്ക് അടിച്ചിട്ട് എന്ത് കാര്യം അല്ലേ കല്ലും കർമ്മങ്ങളൊക്കെ ശരീരം ചെയ്യുന്നു വാസനകളോ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കണു ആ വാസനകളെ പുറമേക്ക് ശരീരത്തിനെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം കുറച്ചൊക്കെ ശുദ്ധി വരും പക്ഷെ ഉള്ളിലേക്ക് ട്രീറ്റ്മെന്റ് വേണം അർജുനൻ ഗീതയിൽ ചോദിച്ചു ഭഗവാനോട് ഭഗവാനെ ലോകത്തിൽ ആരും പാപം ചെയ്യണം എന്ന് ആഗ്രഹിക്കണില്ല പക്ഷെ വേണ്ടാന്ന് വെച്ചാൽ പോലും എന്തുകൊണ്ടാണ് പാപം ചെയ്യണത് അഥ കേനപ്രയുക്തോയം പാപം ചതതി പുരുഷ അനിച്ഛന്നി വാർഷേയ ബലാധിവ നിയോജിത ബലമായിട്ട് നിയോഗിക്കപ്പെട്ട പോലെ പാപം ചെയ്യടുമല്ലോ അതിന് ആരാ കാരണം ചാത്താനാണോ ഏതെങ്കിലും ഒരു ചാത്താനാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം നമുക്കിപ്പോ നിവൃത്തിയില്ലല്ലോ ചാത്താനെപ്പോ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കണം ഭഗവാൻ പറഞ്ഞു പുറത്തല്ല ഇതിന് കാരണം തന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഏ കാമേശക്രോധകേഷ രജോഗുണസമുദ്ഭവ രജോഗുണത്തിൽ നിന്നും ഉണ്ടാവുന്ന കാമവും ക്രോധവും ഉള്ളില് സൂക്ഷ്മമായി വാസനാരൂപത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ തന്റെ ബുദ്ധിയിൽ തന്നെ പല വികാരങ്ങളും ഉണ്ടാക്കി തന്നെ കൊണ്ട് തന്നെ തെറ്റിജയിപ്പിക്കണം അപ്പൊ തന്റെ ശത്രുക്കൾ വിധി ഏനം ഇഹ വൈരിണം ശത്രു ഉള്ളിലുണ്ട് ആ ശത്രുവിനോട് യുദ്ധം ചെയ്യാനാണ് ഗീതയിലും പ്രഖ്യാപനമേ അവിടെ യുദ്ധം ചെയ്യൂ ആ ശത്രുവിനെ ഉള്ളിന്ന് നീക്കുക ആ കളങ്കത്തിനെ ഉള്ളിൽ യുദ്ധം ചെയ്ത് നീക്കും അപ്പോ അതാണ് കൽവശം ആ എങ്ങനെ യുദ്ധം ചെയ്യും ഉള്ളിൽ കടന്നുവല്ലോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ പടവെട്ടാൻ പറ്റുമോ അതിലൊരേ വഴി എന്താ വാസനാരൂപത്തിലുള്ള ഈ വികാരത്തിനെ നീക്കണമെങ്കിൽ ശുദ്ധമായ വികാരങ്ങൾ ഉള്ളിൽ കടക്കണം ഭക്തിയാകുന്ന വികാരം ഉള്ളിൽ കിടഞ്ഞാൽ നികീർണം അനലോയഥ എന്നാണ് ഉള്ളിലെ അഗ്നി കഴിക്കുന്ന ആഹാരത്തിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ ഉള്ളിലുള്ള ഭക്തിയാകുന്ന അഗ്നിയെ വളർത്തിയാൽ ആ അഗ്നി വാസനകളെയൊക്കെ വിഴിഞ്ഞിക്കളയും ഭസ്മമാക്കും എരിച്ചു കളയും അപ്പോ ഭക്തി എന്നുള്ള പ്രബലമായ വികാര ഉള്ളിലുണ്ടായാലേ ചിത്തം ശുദ്ധമാവുള്ളൂ ചിത്തശുദ്ധിക്ക് വേറെ മാർഗമൊന്നുമില്ല അപ്പോ കലികൽമം കലികൽമശനെ ച്ചാ നീക്കം നീക്കം ചെയ്യുന്നതായ കൃഷ്ണകഥ പറയൂ കൃഷ്ണകഥ പറയാൻ സുഖബ്രഹ്മ മഹർഷി ആരംഭിച്ചു ആരംഭിച്ചപ്പോ പലർക്കും പല പട്ടം കൊടുക്കും അല്ലെ ആളുകൾക്കൊക്കെ പട്ടം കിട്ടണത് വലിയ ഇഷ്ടമാണ് ചിലർക്കൊക്കെ പട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ തന്നെ ഒരു മീറ്റിംഗ് കൂടി നാലുപേരെ വിളിച്ച് ഒരു പട്ടം വാങ്ങിച്ചു അങ്ങനെയും ചില ആളുകളുണ്ട് പക്ഷെ പട്ടം കിട്ടുമ്പോ നമുക്ക് ഈ തരുന്ന ആൾക്കൊരു യോഗ്യത വേണം അല്ലെ നാട്ടിലുള്ള നാലുപേരെ വിളിച്ച് നമ്മൾ വാങ്ങിച്ചാൽ അവരോ നമുക്ക് പട്ടം തരാൻ യോഗ്യതയുള്ള ഒരാള് വേണം അവി ലോകത്തിൽ ആരോ നമ്മളെ വിളിച്ച് ഋഷി എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ജ്ഞാനി ഇയാള് ഭക്തനാണ് മഹാത്മാവാണെന്ന് പറഞ്ഞാൽ അതിനൊന്നുമല്ല ആര് പറയണം മഹാത്മാക്കൾ പറയണം ഋഷികൾ പറയണം ജ്ഞാനികൾ പറയണം ഇവിടെ ശുഭബ്രഹ്മ മഹർഷി പരീക്ഷിച്ച് ഒരു പട്ടം കൊടുത്തു സമ്യക് വ്യവസിത ബുദ്ധിഹി തവ രാജി സത്തമാ രാജ കാരണം എന്താ അങ്ങയുടെ ബുദ്ധി ഇതാ തെളിഞ്ഞിരിക്കണം അങ്ങക്ക് ബുദ്ധിയോഗം ഉണ്ടായിരിക്കുന്നു സമ്യക് വ്യവസിതാ ബുദ്ധിഹി എന്ന് വെച്ചാൽ സമ്യക് ജാനത്തിന് പക്വമായിട്ടുള്ള ബുദ്ധിയോഗം അങ്ങയുടെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നു ആചാര്യസ്വാമികൾ ആത്മജ്ഞാനത്തിന് പറയുന്ന പേര് സമ്യക് സമ്യക് ഉണ്ടാവാൻ ആയിട്ട് പക്വതയുള്ള ബുദ്ധി അങ്ങയുടെ ഉള്ളിൽ തെളിഞ്ഞിരിക്കുന്നു സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജർ സത്തമാ ീരതിഹി വാസുദേവകഥ കേൾക്കാനായിട്ട് അങ്ങക്ക് നിഷ്ഠാഭവമായ രതി ഉണ്ടായിരിക്കുന്നു രതി എന്ന് വെച്ചാൽ എന്താ ആനന്ദം കേൾക്കും തോറും സന്തോഷമാനന്ദം അതും നൈഷ്ടികീരതിഹി നൈഷ്ഠികീരതി എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു ഞായറാഴ്ച ഇവിടെ ഭാഗവും നടക്കണുണ്ട് കേൾക്കാം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് നന്നായിരുന്നു സുഖമായിരുന്നു പക്ഷെ നാളെ വരാൻ പറ്റില്ല എന്താ നാളെ വരെ ജോലിയുണ്ട് ഒരു ജോലിയും വരാം എന്ന് വെച്ചാൽ അതിന് നിഷ്ഠ എന്ന് പേരില്ല നൈഷ്ഠികീരഥി എന്ന് വെച്ചാൽ എന്താ ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന രതിയാണ് അതൊരിക്കലും വിട്ടുപോകാത്ത പ്രിയം ശ്രവണം എന്നുള്ളത് വ്രതമായിട്ടെടുക്കുന്ന അതുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിന് സൌനകാലൊക്കെ വ്രതമെടുത്തുകൊണ്ടായിരിക്കണതേ അവര് പറയണു പേടിക്കേണ്ട ധൈര്യമായിട്ട് ഈ വ്രതത്തിൽ സഞ്ചൽപ്പിച്ചിരുന്നോളാ യമൻ പോലും നടുവില് ഭാഗവതം ഏഴു ദിവസം കഴിയുന്നവരെ യമനും വരില്ല കഥ കേൾക്കുമ്പോൾ ഇനി യമനും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യമൻ കഥയുടെ ഇടയിൽ വന്നപ്പോ യമഹിതം ആസനം എന്ന് പറഞ്ഞുകൊണ്ട് ദർഭയിട്ട് കൊടുത്തിരുത്തിയത്ര യമനും കഥ കേട്ടുകൊണ്ടിരുന്നു ഇനിപ്പോ യമനെ എണീക്കാൻ കഥ കഴിയുന്നവരെ എണീക്കാൻ നിവൃത്തിയില്ലേ അതുകൊണ്ട് യമനെ അവിടെ പിടിച്ചിരുത്തി ഈ മൃത്യുഹൂഇ ഇഹോ പോ മൃത്യുഹൂ ശാമിത്ര കർമ്മണി അവിടെ അങ്ങനെ പിടിച്ചിരുത്തി മൃത്യുവിന് അപ്പോ കഥാശ്രവണത്തില് നൈഷ്ഠികീരതി ഉണ്ടായിരിക്കും ഭഗവത് കഥ കേൾക്കുന്നവരെയും പറയുന്നവരെയും പൃച്ഛകന്മാര് അതായത് ഈ ഭഗവത് കഥയെ നടത്തുന്നവര് അറേഞ്ച് ചെയ്യുന്നവര് അവരെ ഒക്കെ ശുദ്ധമാക്കുന്നു ഗംഗാജലം പോലെ പവിത്രമാക്കുന്നു ഥാപ്രശ്ന ശരിക്ക് ഭാഗവത കഥാശ്രവണം തന്നെയാണ് ഗംഗാസനം കലിയില് തീർത്ഥയാത്രയും തീർത്ഥക്ഷേത്ര ദർശനവും ഒന്നും കാര്യമായിട്ട് വലിയ പ്രയോജനമല്ല കലിയില് പ്രയോജനമുള്ളത് എന്താ സത്സംഗം തന്നെയാണ് തീർത്ഥക്ഷേത്രം സത്സംഗത്തില് ആണ് സകല ഗംഗയിമുനി എല്ലാ നദികളും കൊണ്ട് സത്സംഗത്തിലാണ് തീർത്ഥം സത്സംഗത്തിലിരിക്കലാണ് തീർത്ഥയാത്ര ചിത്തശുദ്ധി കാണുന്നു തീർത്ഥയാത്ര അത് സത്സംഗത്തിലെ സാധ്യമാവുള്ളൂ അപ്പൊ ഈ വാസുദേവ കഥാപ്രശ്ന പുരുഷാൻ സ്ത്രീം പുനാദി വക്കാലം പൃച്ഛകം ശ്രോതൃന് തത്പാദസലിം യഥ കഥ പറഞ്ഞു തുടങ്ങുക കൃഷ്ണകഥയ്ക്ക് ആരംഭം എവിടെയാ എന്ന് വെച്ചാൽ ഭൂമിദേവി ഭൂമിദേവിക്ക് അസുരന്മാരുടെ ഭാര സഹിക്കുകയ്യാന്ന് അസുരന്മാരെന്ന് വെച്ചാൽ വിഷയസുഖത്തിലേ രമിച്ചുകൊണ്ടിരിക്കുന്നവർ ധാരാളമായി തീർന്നു അവരുടെ ഭരണമായിട്ട് തീർന്നു അവരെ കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അസുഷു ഇന്ദ്രിയാർത്ഥേഷു അത്യന്തം രമന്തേതി അസുരാഹാണ് ഇന്ദ്രിയ വിഷയങ്ങളിലേ രമിക്കുന്നവരാണ് അസുരന്മാർ അവരുടെ ഭാരം ഭൂമിക്ക് സഹിക്കവയ്യ തമസ് തമോ അധികമായി അപ്പൊ ഭൂമിക്ക് വെയിറ്റ് കൂടി ച്ചാ ഭൂമിദേവി വിഷമിച്ചു എന്നർത്ഥം ഭൂദേവി ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കാണ് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയ ക്യൂ വൈകുണ്ഠത്തിന് ദേവന്മാര് ക്യൂല് ഇടയിൽ കയറേണ്ട പുറകെ നിക്കൂ നോക്കുമ്പോ എല്ലാവർക്കും ഒരേ അപ്ലിക്കേഷനേ ഉള്ളൂ എന്താ ഈ ഭൂഭാരത്തിനെ കുറയ്ക്കാം ഭൂഭാരം കുറയ്ക്കാം എല്ലാവരും ബ്രഹ്മാവിനോട് ചെന്നു ബ്രഹ്മാവ് വൈകുണ്ഠത്തില് ചെന്ന് ബ്രഹ്മാവിന് ഭഗവാന്റെ ഡയറക്ട് വിഷനല്ല ഹൃദയത്തിൽ ഹൃദയാകാശത്തിൽ ഭഗവാന്റെ വാക്ക് ശ്രവിച്ചു നമുക്കൊക്കെ അങ്ങനെ ശ്രവിക്കാം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ വിഷമം വരുമ്പോ ദുഃഖം വരുമ്പോ അടുത്ത വീട്ടുകാരോടോ നാട്ടുകാരോടോ മറ്റുള്ളവർ മനുഷ്യരോടൊന്നും ചെന്ന് പറയരുത് പറയുന്നത് എന്തൊക്കെ ദൂഷ്യം വെച്ചാൽ ഒന്ന് അവരുടെ മനസ്സ് നമ്മൾ അശുദ്ധമാക്കും കേൾക്ക് കേട്ട് കഴിയുമ്പോ നമ്മൾ ആരുടെങ്കിലും ഒക്കെ ദുഃഖം കേട്ടുകഴിയുമ്പോ നമ്മളുടെ മനസ്സിലും അതൊക്കെ വരും നമ്മൾ വേറെ ഒരാളോട് പറയുമ്പോ കുറച്ച് വിഷമം കൊടുത്തു രണ്ടും നമ്മളുടെ ദുഃഖം തീരാനും പോണല്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ഭഗവാന്റെ മുമ്പില് ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചിട്ട് ചിത്തവൃത്തികളെ ഒക്കെ ഒഴിച്ചു വിട്ടിട്ട് നിശ്ചലമാക്കി ഉള്ളിലൊരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുക ഹൃദയത്തില് ഒരു ചിത്തവൃത്തിശൂന്യമായ സ്ഥിതി ഉണ്ടാക്കിയിട്ടിരുന്നാൽ ആ ചിത്തവൃത്തിശൂന്യമായ സ്ഥിതിയില് നമുക്ക് ഭഗവാന്റെ വാണി കേൾക്കാം വാണി കേൾക്കാം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം അവിടെ തെളിഞ്ഞു വരും തെളിഞ്ഞു കിട്ടും അതന്നെ ഭഗവാന്റെ വാണി ഉത്തര പ്രശ്നത്തിനുള്ള ഉത്തരം ചിത്തവൃത്തിശൂന്യമായ അന്തരംഗത്തിന് തെളിഞ്ഞു കിട്ടും ബ്രഹ്മാവിന് പോലും ഇങ്ങനെയാണ് കിട്ടിയത് ഗിരം സമാധോ ഗഗനെ നിശമ്യേദ ത്ിദശാൻ ഉച്ചചീതമാചിരം ഗിരം സമാധമീരി ഹൃദയാകാശത്തിൽ മനസ്സ് സമാഹിതമായി സമാധിഗ്രമായി ബ്രഹ്മാവിന്റെ അവിടെ ഭഗവാന്റെട്ടു ബ്രഹ്മാവ പൗരുഷീ പുരുഷന്റെ വാക്ക് കേട്ടു ഇവരൊക്കെ ഭഗവാനെ സ്തുതിച്ചതും പുരുഷസൂക്തം കൊണ്ടാണ് സ്തുതിച്ചത് ദേവന്മാരെല്ലാവരും ചെന്ന് പുരുഷസൂക്തം കൊണ്ട് സ്തുതിച്ചു അവിടെ പരമപുരുഷന്റെ വാക്ക് വാണി അവിടെ കേട്ടു ദേവന്മാരോടൊക്കെ ആയിട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഇതാ ഞാൻ കേട്ട കാര്യം അപ്പടി നിങ്ങളോട് പറയാം അതേപോലെ നിങ്ങളോട് ഇതാ പറയാം നിങ്ങൾ കേട്ടോളാം ഭഗവാൻ ഭൂഭാരത്തിനെ ഇല്ലാതാക്കാനായി അതിസുന്ദരമായ ഒരു രൂപം ധരിക്കാൻ പോകുന്നു അവതരിക്കാൻ പോകുന്നു ഭഗവാൻ ലോകത്തിലെ ഭാരമില്ലാതാക്കും എങ്ങനെയാ ത്ഗുണബ്രഹ്മം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സ്വകാലശക്തിയാ ഛയൻ ഭൂവി കാലശക്തി കൊണ്ട് അഗണ്നാഥസ്വാമി ഇവിടെ പറയുന്നു ചില മഹാഭാഗവതം വേറെ ഒരു കൃതി അതില് കാലശക്തിയാക്ഷയൻ ഭൂവി എന്ന് പറഞ്ഞത് കൊണ്ട് കൃഷ്ണനായിട്ട് കാളി ജനിച്ചു എന്നാണ് അങ്ങനെയൊരു സങ്കല്പമുണ്ട് നമ്മളിവിടെ കേട്ടിട്ടുണ്ടാവും അറിയില്ല കാളിയാണ് രാമകൃഷ്ണപരമനുസരിച്ച സ്ഥലത്തൊക്കെ അങ്ങനെ പറയുന്നത് കാളി കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോ ശ്രീപരമേശ്വരൻ രാധയായിട്ട് അവതരിച്ചു എന്നാണ് ഇവരുടെ വർണ്ണവും അങ്ങനെയാണല്ലോ കറുത്ത വർണ്ണവും സ്വർണവർണവും ഇങ്ങനെയൊരു സങ്കല്പം സ്വാമി ഇത് പറയുന്നു വൃന്ദാവനത്തിലും അദ്ദേഹം വൃന്ദാവനവാസിയാണ് വൃന്ദാവനത്തിലും ഗോപേശ്വർ മഹാദേവ് എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട് അവിടെ മഹാദേവൻ ഗോപികാരൂപത്തിലാണ് ശിവൻ ഗോപികാവേഷം കെട്ടി രാസം കാണാൻ പോകുന്ന രാസം കളിക്കാൻ പോകുന്ന രൂപത്തിലാണ് ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട് ഇതൊക്കെ ഭക്തന്മാരുടെ ഓരോ വിധത്തിലുള്ള ഭാവങ്ങൾ ഉള്ളൂ അപ്പോ കാലശക്തിയ കാലശക്തിയാണ് കൃഷ്ണനായിട്ട് അവതരിക്കണം കാലശക്തിയാണ് കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത എന്ന് ഭഗവാൻ തന്റെ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ കാലോസ്മി ലോകക്ഷയകൃപ്രവൃത്തോടു കൂടെ ഇവിടെ ഭഗവാൻ അവതരിക്കുന്നു എവിടെ അവതരിക്കുന്നത് വസുദേവഗൃ സാക്ഷാത് ഭഗവാൻ പുരുഷപ്പരേ തത്പ്രിയാർത്ഥം സംഭവം സുരസ്ത്രീയ ദേവസ്ത്രീകളൊക്കെ ഭഗവാനെ ആനന്ദിപ്പിക്കാനായിട്ട് എല്ലാരും അവതരിക്കട്ടെ അവർക്ക് ആനന്ദം ലഭിക്കാനായിട്ട് അവതരിക്കട്ടെ അവരവരുടെ പ്രീതിക്കായിക്കൊണ്ട് ദേവസ്ത്രീകളൊക്കെ ഭൂമിയിൽ അവതരിക്കട്ടെ ഭഗവാൻ വസുദേവഗ്രഹത്തിൽ അവതരിക്കുന്നു മധുരാപുരി അകണ്ഠാൻ സ്വാമി ഇവിടെ ഒരു വ്യാഖ്യാനവും പറഞ്ഞു മധുരാപുരി എന്നുള്ളതിന് തുളസീദാസ് ഗോസ്വാമി തുളസീദാസ് ഒരു അർത്ഥം പറഞ്ഞു അദ്ദേഹം രാമഭക്തനാണല്ലോ അദ്ദേഹത്തിന്റെ രാമനാമത്തിന്റെ രുചിയില്ലാത്തതൊന്നും ഇഷ്ടമല്ല അപ്പൊ മധുര എന്നുള്ളതിന് തുളസിദാസ് ഒരു അർത്ഥം പറഞ്ഞു മാ രണ്ടക്ഷരമുണ്ട് അതിൽ രണ്ടു വർഷത്തായിട്ട് അതായത് രാമ രാമനാമം മധുരാപുരി മധുര എന്നുള്ള വാക്കിന് ഒളിഞ്ഞുകിടക്കുന്നു അതിൽ മാ ആരംഭം പിന്നാലെ നടുവിലുള്ള വാക്കോ തൂ അല്ലെ ആ തൂ എന്താന്ന് വെച്ചാൽ ആരുടെ വായിൽ രാമനാമം ഇല്ലയോ അവരുടെ വായിലുള്ളതാണ് തൂ എന്നാണ് തുപ്പൊന്നുമില്ല അപ്പോ മധുരാപുരി എന്ന് വെച്ചാൽ വിഖ്യാതെ മധുരാപുരേ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ഭട്ടിരി പത്രീൻ കാര്യം ഭട്ടിരിശ്ലോകത്തിലി സ്രാനന്ദമനോഹരേനുപുരാ ദൈവാസുരേ സങ്കരേ ത്കൃത്തേഷവശതാഗതി ഭൂതലജന്മനഭുവാണ ദൂരാർ ഭൂമിപാപ വിഞ്ജമാശ്രിതപദം ദൈ പുരൈവാഗതൈ കാമാവതാരത്തിലും മറ്റുമൊക്കെ വധിച്ചിട്ടും പ്രാരംഭകർമ്മം തീരാത്ത അസുരന്മാരെ വാസനക്ഷയിക്കാത്ത അസുരന്മാരൊക്കെ ഭൂമിയിൽ വന്ന് ജനിച്ചു അങ്ങനെ ഭഗവാൻ അവതരിക്കാൻ കാരണമായിട്ട് തീർന്നു അതുകൊണ്ട് ആ അസുരന്മാർക്കൊക്കെ നമ്മൾ ഓരോ നമസ്കാരം കൊടുക്കണം അവരും ഒക്കെ നമ്മൾ അവരില്ലെങ്കിൽ എന്റെ അവതാരം എവിടെ അവതാരം അവരൊക്കെയാണ് ഭഗവാനെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോ അതുകൊണ്ട് അവരും നമസ്കരിക്കണം അപ്പോ വിഷ്ണുവായ ഭഗവതി ഇവിടെ അവതരിക്കും മായാദേവിയും ഇവിടെ അവതരിക്കും എന്നുള്ളതും ഭഗവാന്റെ വാണി കേട്ടു ഇങ്ങനെ മഥുരാപുരിയിൽ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടതൊക്കെ തയ്യാറായി കൃഷ്ണാവതാരത്തിന് വേണ്ടതൊക്കെ മഥുരാപുരിയിൽ തയ്യാറായി നിൽക്കുന്നു കൃഷ്ണൻ അവതരിക്കാനായിട്ട് അന്തരീക്ഷം ഒരിങ്ങി നിൽക്കാണ് യഥാ യുദാ ഹി ധർമ്മസ് ഗ്ലാനുർഭവത്തി ഭാരത് അഭ്യുത്ഥാനം അധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂണാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ എന്ന് പറഞ്ഞ് വാക്ക് സത്യം ചെയ്യാനായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു മധുരയില് ഭോജവംശം വൃഷ്ടിവംശം അന്ധകവംശം ശൂര്യസേന വംശം അനേക വംശങ്ങളുമുണ്ട് ഈ വംശങ്ങളൊക്കെ ചെറിയ ചെറിയ ചെറിയ ചെറിയ എന്താ ചെറിയ ചെറിയ ജനാവലികൾ ഇതിനൊക്കെ തന്നെ ഒരു രാജാവായിട്ട് ഉഗ്രസേനാണ് ഉഗ്രസേനന്റെ മകൻ കംസൻ കംസൻ എന്നുള്ള വാക്കിനും അഖണ്ഡാന സ്വാമി വ്യാഖ്യാനം ചെയ്തു ഹിംസായാം മറ്റുള്ളവരെ ഹിംസിക്കുക കംസത്തി ഹിംസത്തി ഹിംസിക്കുന്നവൻ എന്നർത്ഥം എന്ന് വെച്ചാൽ അഹങ്കാരമാണ് കംസന്റെ ഭാര്യമാരെ ആരാന്ന് വെച്ചാൽ ദരാസന്ദന്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തി അതിനെന്താ അർത്ഥം അസ്ഥി എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കുള്ളത് അത്രയൊക്കെ പണം ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കില് പ്രാപ്തി എന്ന് വെച്ചാൽ ഇതൊന്നും പോരാ ഇനിയും ധാരാളം നേടണം ലോകത്തിൽ ഇത് രണ്ടും ഉള്ളതാണ് അഹങ്കാരത്തിന്റെ ലക്ഷണം ഇതമസ്തി ഇതമപഭി ഭവിഷ്യതി പുനർദ്ധനം അസൗമയാ ഹതശത്രു ഹനുഷ്യേച അപരാനപി ആദ്യോ അഭിജനവാൻ അമി കോസ്തി സദൃശോമയ യക്ഷേ ദേ ഇത്യജ്ഞാന വിമോഹിത ഭഗവാൻ ഇവരെ കുറിച്ചൊക്കെ ഗീതയിൽ തന്നെ പറയുന്നുണ്ട് കംസനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതമസ്തി ഇതമഭി ഭവിഷ്യതി പുനർധനം എനിക്ക് ഇത്രയും ധനം ഇപ്പോണ്ട് ഇനിയും ഭവിഷ്യതി അതാണ് അസ്ഥി പ്രാപ്തി ജരാസന്ധനാരാ പ്രജാപതിയുടെ പുത്രനെ പ്രജാപതി സൃഷ്ടിച്ചു രണ്ടായിട്ട് ജര ഒന്നാക്കി തീർത്തു അതായത് ജലത്തിനെയും ചൈതന്യത്തിനെയും കൂട്ടിക്കൊഴിച്ച് ജരാജ വാർദ്ധക്യം മുതലായിട്ടുള്ള ദുഃഖങ്ങളും ഒക്കെ ചൈതന്യത്തിന് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ജല ആ ജലയാൽ ചേർക്കപ്പെട്ട ജരാസന്ധൻ എന്നുവച്ചാൽ കാലം കാലത്തിന്റെ പിടിയിൽപ്പെട്ടാൽ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ഇന്നുമുണ്ട് നാളും ഇതൊക്കെ നേടിയെടുക്കും നീ ധാരാളം സമ്പാദിക്കണം എത്ര കാലം ജീവിക്കാൻ പോണു അറിയില്ല ഒക്കെ സമ്പാദിച്ചിട്ട് ഇവിടെ തന്നെ കിടന്ന് മരിച്ചു പോകും എന്നാലും തോന്നും ഇതേ ആഗ്രഹം ഈ ആഗ്രഹത്തിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കംസൻ അപ്പോ ഇവരൊക്കെ തന്നെ എല്ലാ കാലത്തും കംസൻ ഹിരണ്യകശു ഹിരണ്യാക്ഷനും ഒക്കെ ഉണ്ട് ഇവ ഇവരുടെയൊക്കെ ലക്ഷണം എന്താ ധർമ്മദ്വേഷികളാണ് അവർ ധർമ്മദ്വേഷികൾ എന്ന് ധർമ്മം എവിടെ നിൽക്കുന്നു ധർമ്മം സജ്ജനങ്ങളിൽ നിൽക്കുന്നു മഹാത്മാക്കളിൽ നിൽക്കുന്നു സാധുക്കളിൽ നിൽക്കുന്നു യോഗികളിൽ നിൽക്കുന്നു ഭക്തന്മാരിൽ നിൽക്കുന്നു അപ്പൊ ഭക്തന്മാരെ ദ്വേഷിക്കുക യജ്ഞാദികളെ മുടക്കുക ഏതെങ്കിലും വിധത്തിൽ സാധുക്കളെ ദ്രോഹം ചെയ്യുക ഇതൊക്കെയാണ് ഈ അസുരസമ്പ്രദായം എന്ന് പറയണത് അത് എല്ലാ ഇപ്പോഴും ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കണം എല്ലാ കാലത്തും എരണ്യകശവും എരണ്യാക്ഷനവും ഒക്കെ ഉണ്ട് സാധുഹിംസ കംസനം എന്നുള്ളത് കംസലിന്റെ സ്വഭാവം എല്ലാ കാലത്തുമുണ്ട് അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു കലിയിൽ അത് പ്രബലമായിരിക്കും വളരെ പ്രബലമായിരിക്കും അപ്പൊ ഇതൊക്കെ പഴയകാലത്ത് ഉള്ള കഥയല്ല പരിത്രാണായ സാധൂനാം വിനാശായിച്ച ദുഷ്കൃതാം എവിടെയൊക്കെ ദൂഷ്യം ഉണ്ടാവുന്നു ദുഃഖമുണ്ടാവുന്നു സാധുക്കൾക്ക് വിഷമം ഉണ്ടാവുന്നു അവിടെയൊക്കെ സാധുക്കൾ വിചാരിച്ച ഒന്നും നടക്കില്ല ഭഗവാൻ വിചാരിക്കണം നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളു ഈ കംസൻ ഭരിക്കുന്ന രാജ്യം എന്നുവെച്ചാൽ ഉഗ്രസേനാണ് ഭരിക്കണത് പക്ഷെ ഭരണമൊക്കെ കംസന്റെ കയ്യിലാണ് കംസന്റെ കയ്യിലാണ് ഭരണം കംസൻ ജലാസന്ധന്റെ ഒരു വലങ്കയ്യു ആണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൃഷ്ടിവംശം യാദവംശത്തിൽ പെട്ടതാണ് വൃഷ്ണിവംശത്തിനെ തന്റെ കൂട്ടത്തിൽ ചേർക്കാനായും തന്റെ സ്വാധീനത്തിൽ വെക്കാനായിട്ടും കംസൻ ഒരു വഴി കണ്ടു പൊളിറ്റിക്കൽ ടാക്ടിക്സ് കംസന്റെ അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്തു കംസൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ തന്റെ ഒന്ന് വിട്ടിട്ടുള്ള സഹോദരി ഒരു കസിൻ ആണ് ദേവകി ദേവകപുത്രിയായി ദേവകിയെ വൃഷ്ടി വംശത്തിലെ ശൂര്യസേനപുത്രനായ വസുദേവർക്ക് വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു വിവാഹം ചെയ്തു കൊടുത്തു കംസനാണ് ഒക്കെ ഏർപ്പാടൊക്കെ ഉദ്ദേശമോ വസുദേവരെ തന്റെ സ്വാധീനത്തിൽ വയ്ക്കണം ഈ വിവാഹം നടന്നാൽ വസുദേവരും ഒരു പ്രബലമായ നേതാവാണ് വസുദേവരും തന്റെ ചുവട്ടിൽ വരും അപ്പം സതുദ്ദേശം ഒന്നുമല്ല ദുരുദ്ദേശത്തോടുകൂടെ തന്നെ ഈ വിവാഹം നടന്നു വിവാഹം നടക്കുമ്പോൾ നാലുപേര് കാണുമ്പോൾ ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ എന്താ അവരെല്ലാവരുടെ മുമ്പിൽ നല്ലവരായിട്ട് നടിക്കും പല്ലിളിച്ച് കാണിച്ച് ചിരിച്ചുകൊണ്ട് നടക്കും വളരെ വിനയമുള്ളവരെ പോലെ നടിക്കും ഇതൊക്കെ ചെയ്യുന്നത് കാണാം അതേപോലെ ഇത് അവിടെ കംസനും ആളുകളുടെ മുമ്പിൽ ഒരു നല്ല പേര് വാങ്ങിക്കാനായിട്ട് കംസൻ എത്ര നല്ല ആള് സഹോദരിയോട് എന്തൊരു സ്നേഹം എന്ന് പറയണല്ലോ അതിനുവേണ്ടി വിവാഹം കഴിഞ്ഞ് വസുദേവരെയും ദേവകിയെയും രഥത്തിലിരുത്തി സാരഥി തേരോടിക്കുന്ന ആളെ മാറ്റി എന്റെ സഹോദരിയെ കൊണ്ടുപോകുന്ന രഥം ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞ് കംസൻ രഥമോടിക്കാനായിട്ട് സാരഥിയുടെ സ്ഥാനത്ത് കയറിയിരുന്ന് തേരോടിക്കുകയാണ് രഥമോടിക്കാം അങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുന്നു ആളുകളുടെ ഒക്കെ നടുവിലൂടെ ജനാവലിയുടെ നടുവിലൂടെ രഥ ഓടിച്ചുകൊണ്ടുപോകുമ്പോൾ ആകാശത്ത് നിന്നും ഒരു അശരീരി ഭഗവാൻ തന്റെ ലീല ആരംഭിച്ചു ഒരു തമാശ ഭഗവാനൊക്കെ തമാശ ആളുകളുടെ അഹങ്കാരത്തിന് വെച്ചുകൊണ്ട് പന്ത് കളിക്കലാണ് ഭഗവാന്റെ ലീല അപ്പോ ആകാശത്തു അശരീരി വാണി കേട്ടു ഹേ അബുദ്ധ എന്ന് ഹേ വിഡ്ഢി എന്ന് ഇപ്പൊ വിളിച്ചപ്പോ ആരാ തിരിഞ്ഞു നോക്കുക ആർക്കാണോ അവരവരെ കുറിച്ച് സംശയമുള്ളത് അവർ തിരിഞ്ഞു നോക്കും അല്ലെ ഇപ്പൊ വിഡ്ഢി ആകാശത്ത് ഒരു വിളി കേട്ടോടെ തിരിഞ്ഞു നോക്കി വേറെ ആ കൂട്ടത്തിൽ ആരും അങ്ങോട്ട് നോക്കിയില്ല കംസം നോക്കി തന്നെ വിളിക്കാൻ സാധ്യതയുള്ളൂ അസാസ്വാം അഷ്ടമോ ഗർഭേ അബുധുധ അറിവില്ലാത്തവനെ മൂഢ ഏതൊരു ദേവകിയാണോ ഈ രഥത്തിൽ വെച്ച് കൊണ്ടുപോണത് ആ ദേവകിയുടെ അഷ്ടമോ ഗർഭാമത്തെ ഗർഭം എട്ടാമത്തെ ഗർഭത്തിൽ ജനിക്കുന്നവൻ ത്വ ഹന്ത തന്നെ തന്നെ കൊല്ലുന്നവനാണ് ഇത്യുക്ത സലഹ പാവോ ഭോജാ കുലപാംസന ഭോജവംശത്തിന്റെ കുലത്തിൽ ജനിച്ച പരമദുഷ്ടനായവർ സുഖബ്രഹ്മശി എങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തത് ചാടി കയറി രഥത്തിൽ കയറി തന്റെ സഹോദരിയാണെന്നുള്ള സ്നേഹമൊക്കെ ആ ക്ഷണത്തിൽ പോയി തലമുടിക്ക് കയറി പിടിച്ചു വാഴൂരി ചെറിയ പെൺകുട്ടിയാണ് ദേവികിയപ്പു അതീവ നീചമായ ഒരു കർമ്മം ചെയ്യാൻ പറയാണ് യാതൊരു ലജ്ജയും ഇല്ലാതെ നിരപത്രപം ലജ്ജയൊന്നുമില്ല ഇത്തരം ആളുകൾ നോക്കണോ ഈ വസുദേവൻ കംസന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു തൊഴുതു യാതോട് യുദ്ധം ചെയ്യാം വസുദേവർക്ക് ബലം പോരാ വസുദേവർ തൊഴുതു അന്ന് ആരാണ് ശ്ലാഘനീയ ഗുണശൂരൈ ഭവാൻ ഭോജയശസ്കര സഥം ഭഗിനം ഹനിയത് സ്ത്രീയം ഉദ്വാഹ പർവണി അന്ന് ആരാണ് ശ്ലാഘനീയ എല്ലാവരും പുകഴ്ത്തുകയാണ് അങ്ങയുടെ പേര് ദിവസം പേപ്പറിൽ നിന്ന് എല്ലാവരും അങ്ങേ പുകഴ്ത്തുന്നു എല്ലാവരും അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ശൂര്യവംശത്തിന് തന്നെ അങ്ങേ കാരണം പ്രസിദ്ധി ബോജയശസ്കരഹ ശൂരവംശത്തിലുള്ളവരൊക്കെ അങ്ങേ പുകഴ്ത്തുന്നു ഭോജവംശത്തിന് അങ്ങേ യശസ്കരഹ യശസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ് നോക്കണേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുകഴ്ത്തിയാൽ അവരതൊക്കെ വാസ്തവമാണെന്നും ധരിക്കും അഹങ്കാരം ബലം വരുമ്പോ നമ്മളെ സ്തുതിക്കുന്നതൊക്കെ നമ്മൾ വാസ്തവമാണെന്ന് ധരിക്കും സ്തുതിക്കണം എന്ന് തോന്നും സ്തുതിക്കാൻ ഒരാളെ വെക്കുകയും ചെയ്യും അതാണ് പൃഥ്വമഹാരാജാവ് ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധത്തിൽ പറയുന്നത് ഏതാ ഒരു അറിവുള്ളവനാണോ മറ്റുള്ളവരെ വെച്ച് തന്നെ സ്തുതിപ്പിക്കുക അഹങ്കാരിയും അത്യന്തം മൂഢതമനവുമായിട്ടുള്ള ആള് മറ്റാളുകളെ ഏർപ്പാടാക്കി തന്നെ സ്തുതിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്തുതിക്കുമ്പോഴും അഹങ്കാരത്തിന് ബലം വെച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ കംസനെ കാര്യം നടക്കണമെങ്കിൽ സ്തുതിക്കാൻ സാധ്യമല്ലല്ലോ എത്ര സദ്ഗുണസമ്പന്നനാണ് കംസാത്താൻ എന്നിട്ടും അറിവില്ലാത്തവരെ ഈ സഹോദരി അതും വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ വധിക്കാമോ ഈ മരണത്തിന് ആരെങ്കിലും ഭയപ്പെടുവോ മൃത്യുഹൂ ജന്മവതാം വീരദേഹേന സഹജായത്തെ അദ്യവാതാ മൃത്യു വൈ പ്രാണിനാം ധുവ ഈ മൃത്യു എന്ന് പറയണത് ശരീരം ജനിക്കുമ്പോ കൂടെ ജനിക്കണം വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ഭരതനോട് പറയുന്നു താൻ ജനിക്കുമ്പോ മൃത്യു തൻ്റെ കൂടെ ജനിക്കണു താൻ നടക്കുമ്പോ തന്റെ കൂടെ നടക്കണു താൻ ഇരിക്കുമ്പോൾ തന്റെ കൂടെ ഇരിക്കുന്നു നടന്ന തന്റെ കൂടെ തിരിച്ചു നടക്കും സഹഇവ മൃത്യു സഹ മൃത്യു നിഷീധത്തെ ഗത്വ സുദീർഘം അധ്വാനം സഹ മൃത്യുഹൂ നിവർത്തത്തെ കൂടെ ഇരിക്കുകയും നടക്കുകയും വിട്ടുപിരിയാതെ ശരീരത്തിനുകൂടെ ജനിച്ചിട്ടുള്ള ഒന്നാണ് മൃത്യു ഇന്നാണെങ്കിലും ശരി ഇനിയിപ്പോ യുഗാന്തത്തിലാണെങ്കിലും ശരി മരണം വരും മരണം വരാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല മരണം നിശ്ചയമായിട്ടും അബ്ദശതാന്തവ നൂറ്റിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും മരിക്കണമല്ലോ മരിക്കാത്ത സാധ്യമല്ലല്ലോ അതുകൊണ്ടാണ് യമധർമ്മൻ നജികേദസനോട് കടോപനിഷത്തിൽ ചോദിച്ചു തനിക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ ആയുസ് തരാൻ വേണമെന്ന് ചോദിച്ചു ആ കുട്ടി പറഞ്ഞു എനിക്ക് വേണ്ടപ്പാ അതിദീർഘേ ജീവിതേ കോരമേത ദീർഘമായ ആയുസ് കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ ജനറേഷൻ ഗ്യാപ്പ് സഹിക്കാൻ വയ്യ അമ്പത് വർഷം കഴിയുമ്പോഴേക്കുന്നതാണ് എന്തൊരു വ്യത്യാസം ഇനിയിപ്പോ പത്തായിരം വർഷമൊക്കെ ഇരുന്നാൽ ഇനി ജീവിക്കാന് മരിക്കണമെന്ന് തോന്നും മരിക്കാനൊട്ട് സാധ്യവല്ല മഹാവിഷമാവും അതുമാത്രമല്ല ഇങ്ങനെ ഇപ്പൊ ജീവിച്ചിട്ട് എന്തു പ്രയോജനം ജീവിക്കുകയാണെങ്കിൽ ആത്മാനുഭവത്തോടു കൂടെ ശാന്തിയോടുകൂടെ ജീവിക്കാം അല്ലാതെ ജീവിച്ചെന്ത് കാര്യം മരണം ഒരാശ്വാസമാണ് ഒരു കണക്ക് ഒരു ഘട്ടത്തിൽ മരിക്കണമെന്ന് ജീവൻ കൊതിക്കും അതുകൊണ്ട് മരണത്തിന് ഇപ്പൊ ഭയപ്പെടേണ്ട മരണം വരണ സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കും മരണത്തിന് അപ്പോഴേ മരണം വരുവുള്ളൂ അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ കൂടെ ജനിക്കുന്നു ഈ മൃത്യുവിനെ എന്തിന് ഭയപ്പെടുന്നു ശരീരത്തിന്റെ കൂടെ മൃത്യു ജനിച്ചിരിക്കുന്നു മൃത്യുവാസ്തവത്തിൽ എന്താ മൃത്യു എന്ന് പറയുന്നത് ഇവിടെ മൃത്യു എവിടെ മൃത്യു സമയത്ത് എന്താ സംഭവിക്കുന്നു ഈ ശരീരം ജഡം ജഡമായ ശരീരം അതിനകത്ത് സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് തന്നെ സൂക്ഷ്മ നമ്മൾ ദിവസം രാത്രി കടന്നുറങ്ങുമ്പോൾ സ്വപ്നയെ യഥാപശ്യ ദേഹം ഈ ദൃശ്യം മനോരഥേന രാത്രി കടന്നുറങ്ങുമ്പോ നമ്മളൊക്കെ രാത്രി ഇരുട്ട് മുറിയിൽ വാതിലുമൊക്കെ അടച്ചു കിടക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ സ്വപ്നം കാണും സ്വപ്നത്തിൽ ഞാൻ ഒരു വ്യക്തിയായി തൃശൂർ പൂരത്ത് കാണാൻ വന്ന പോലെയും പൂരപ്പറമ്പ് നിറയെ ആനകൾ നിൽക്കണ പോലെയും അതിന്റെ ഇടയിൽ പഞ്ചമാദ്യവും മറ്റും അതിന്റെ നടുവിൽ ആളുകളെ കാണുന്ന വർത്തമാനം പറയണ പോലെയും സ്വപ്നം സ്വപ്നത്തിൽ ഒരു വ്യക്തിത്വം സ്വപ്നത്തിൽ ആനയടഞ്ഞു അപ്പോ പൂരപ്പറമ്പ് മുഴുവൻ ഓടി നടക്കാതിന് ചുറ്റും പ്രദക്ഷണം ഓടി ഓടിക്കഴിഞ്ഞ് അവസാനം ഒരു കുഴിയിൽ വീണു വീണപ്പോഴാണ് കട്ടിലുടെ മോളൊന്ന് ചുവട്ടിലേക്ക് വീണു ഉറക്കത്തുനിന്ന് എണീറ്റും സ്വപ്നത്തിലെ ഇത്രയധികം വ്യക്തിത്വം പ്രബലമായിട്ട് ചലിക്കണം ശരീരം ജഡമായിട്ട് കിടക്കുമ്പോഴും ഞാൻ എന്നുള്ള അഹങ്കാരം അതിന്റെ സ്വതന്ത്രമായി രൂപം ധരിച്ച് അതൊരു പ്രത്യേക രൂപം ധരിച്ച് ആനകളെയും കുതരകളെയും ഒക്കെ ഉണ്ടാക്കി സംഭവങ്ങളെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു സ്വപ്നത്തിന് ഇതേപോലെ ഈ ശരീരം മരിച്ചുപോയാലും ഈ സൂക്ഷ്മ ഈ ശരീരത്തിന് വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ഉണ്ടാക്കിയെടുത്ത് പ്രവേശിക്കും പോലെ എന്ന് പറയുന്നത് പുല്ലട്ട ഒരു പുല്ല് പിടിച്ചിട്ട് മറ്റൊരു പുല്ല് വിടുന്ന പോലെ ഈ ജീവൻ സൂക്ഷ്മ ശരീരം ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ശരീരത്തിന് സങ്കല്പിച്ചിട്ട് ഈ ശരീരത്തിന് വിടും പ്രാക്തനം ത്യജതയും അപ്പുഹു പൂർവ്വ ശരീരത്തിന് വിടും യഥാ തൃണജെലൂക്ക ഇവ തൃണചെലൂകയെ പോലെ പുല്ലട്ടയെ പോലെ ഒരു ശരീരം പിടിച്ചിട്ട് മറ്റൊരു ശരീരത്തിന് വിടും ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഇത് ആർക്കും ഒഴിച്ചു ഇത് ആർക്കും വേണ്ടാന്ന് വെക്കാൻ സാധ്യല്ല ഈ ജീവൻ ഒരു ശരീരം വിട്ടോ ഒരു ശരീരത്തിലേക്ക് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈ ജ്യോതിഷിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതം അല്പനേരമേ ഉള്ളൂ ഇവിടെ ആരെയും ദ്രോഹിക്കരുത് ആരെയും ആരോടും വിദ്വേഷം വെക്കരുത് ആരെങ്കിലും നമ്മൾ ദ്വേഷിക്കുകയോ വിദ്വേഷിക്കുകയോ മറ്റോ ചെയ്താൽ അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും കാരണം നമ്മളെ തന്നെയാ ദ്വേഷിക്കുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ള ഈ ജീവൻ എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മവസ്തുവാണ് പ്രകാശിക്കുന്നത് ഇതറിഞ്ഞ് ദ്രോഗ്ധുർവൈ പരതോരം ഭയം തസ്മാ കിദ്രോഹം ആചരേത് സ തഥാവിധ ആരെയും ദ്രോഹിക്കരുത് അങ്ങനെയിരിക്കുമ്പോ ഇവൾ ഈ ദേവകി അങ്ങയുടെ പുത്രിക്ക് തുല്യാണ് സഹോദരി മാത്രമല്ല പുത്രിക്ക് തുല്യ തുല്യാണ് ഏഷാ തവാനുജാലോപമാർഹസി കല്യാണീമാം ത്വം ദീനവത്സല കംസേ വസുദേവർ ദീനവത്സലെന്ന് വിളിക്കണം എന്താ കാര്യം കാരണം നടക്കണമെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ദിവ്യത്വം എവിടെയോ ഒളിഞ്ഞുകിടക്കണുണ്ട് നമ്മളെ ആ ദിവ്യത്വത്തിനെ ഒന്ന് ഉണർത്താൻ കഴിയുമെങ്കിൽ കംശനിൽ പോലും അതുകൊണ്ട് വിനോദ ബാവെ അദ്ദേഹത്തിന്റെ ഗീതാപ്രഭാഷണത്തിലു പറയുന്നു എല്ലാവരിലും ഭഗവാനെ കാണുക എന്നുള്ളത് വിഷമമാണ് അതുകൊണ്ട് ആദ്യം അവതാരത്തിൽ വിഭൂതികളിലും കാണുക ആദ്യം രാമനിൽ ഭഗവാനെ കാണുക കുറച്ച് കഴിഞ്ഞാൽ രാവണനിലും കാണണം എന്താന്ന് വെച്ചാൽ രാവണനിൽ ഭഗവാൻ അല്ലാതെ വരെ വല്ലതുമാണോ ഇരിക്കുന്നത് രാവണനിലും ആ ഭഗവാൻ തന്നെയാണ് കാണേണ്ട ഒരു സ്ഥിതിക്ക് നമ്മൾ ഉയരണം ആ കാണാൻ സാധിക്കുമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ദിവ്യത്വം ഉണർത്താനും സാധിക്കുന്നതാണ് അത് അമൃത ദൃഷ്ടിയാണ് ദൃഷ്ടി അമൃത ദൃഷ്ടിയാണ് അവര് എല്ലാവരെയും സ്വരൂപമായിട്ട് കാണുമ്പോൾ കാണപ്പെടുന്നവരുടെ ഉള്ളിലും ആ പരമാത്മാനുഭൂതി തൽക്കാലത്തേക്കെങ്കിലും ഉണരും അത് ഉണർത്താനുള്ള ഒരു വഴിയായിട്ടാണ് കംസനെ വസുന്ന് വിളിച്ചത് ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബുക്ക് പെലിഗ്രം എന്ന് പറഞ്ഞൊരു പുസ്തകം അതൊരമ്മ ഒരു അമേരിക്കൻ സ്ത്രീയാണ് അവര് ഒരു ശരിയായ സന്യാസ ജീവിതം ജ്ഞാനിയായിരുന്നു ആ അമ്മ ചെറുപ്പകാലത്ത് നടക്കാൻ തുടങ്ങിയതാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം മൈലിനു മേലെ നടന്നു അമേരിക്ക മുഴുവൻ ആ കോണ്ടിനന്റ് മുഴുവൻ നടന്നു അവര് ശാന്തിയുടെ സന്ദേശമായിട്ട് കയ്യിൽ പണമില്ല ഒരു ബാഗില്ല അവരുടെ വ്രതം എന്താന്ന് വെച്ചാൽ ഐ വിൽ ഫാസ്റ്റ് ഇട്ടിൽ I ഗെറ്റ് ഫുഡ് ഐ വിൽ വാക്ക് ഐ ഗെറ്റ് ഷെൽട്ടർ താമസിക്കാൻ സ്ഥലം കിട്ടണവരെ നടക്കും ആഹാരം കിട്ടണവരെ ഭക്ഷണി കിടക്കും അങ്ങനെ യഥാർത്ഥ സന്യാസം യഥാർത്ഥ സന്യാസം അവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം ദുഷ്ടന്മാരിൽ പോലും ദിവ്യത്വം ഉണർത്തുന്നത് വേദാന്തിയാണ് ശബ്ദം നോക്കണം ഈ വേദാന്തം എന്നുള്ളത് ഭാരതത്തിന് മാത്രം സ്വന്തം ഒന്നും അല്ല എന്ന് നമുക്ക് തെളിയും അവിടെ ഉണ്ടായിട്ടും വഴിയിൽ ഈ ജ്ഞാനത്തിലേക്ക് അവർ വന്നു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസും അവരിലുണ്ടായിരുന്നില്ല സ്വതന്ത്രമായി ഈ ജ്ഞാനമാർഗത്തിലേക്ക് ഭഗവാനെ കാണുക എന്നുള്ളതിലേക്ക് വന്നു അപ്പൊ അവരുടെ അനുഭവം നോക്കുമ്പോൾ നമുക്ക് കാണാം അദ്ഭുതമായ കഥകൾ ഒരു ഇൻസിഡന്റ് അവരൊരു സ്ഥലത്ത് ചെല്ലുമ്പോ കിടക്കാൻ സ്ഥലമൊന്നുമില്ല ഒരു കാറ് ഉണ്ട് ആ കാർ ഡ്രൈവറോട് ചോദിച്ചു ഞാൻ ഇതിനകത്ത് കയറി കിടന്നോട്ടെ എന്ന് ചോദിച്ചു നല്ല തണുപ്പ് ചൊപ്പുറത്ത് ആ ഡ്രൈവർ പറഞ്ഞു കയറി കിടന്നോളൂന്ന് പറഞ്ഞു ഇവര് അദ്ദേഹത്തിനെ തൊഴുതുകൊണ്ട് സന്തോഷമായിട്ട് ആ കാറിനകത്ത് കയറി കിടന്ന് ചുരുണ്ടുകൂടി ഉറങ്ങി രാവിലെ എണീറ്റപ്പോ ആ ഡ്രൈവർ ഇവരെ വീണു വീണു വീണു വീണും നമസ്കരിക്കാം നിങ്ങൾ ആരാണ് നിങ്ങൾ സാധാരണ ഒരു സ്ത്രീ അല്ല നിങ്ങൾ രാത്രി ഈ കാറിൽ കയറി കിടക്കാൻ ഞാൻ പറഞ്ഞ എന്റെ ഉദ്ദേശം അത്ര ശുദ്ധമൊന്നും ആയിരുന്നില്ല എനിക്ക് ദുരുദ്ദേശമായിരുന്നു പക്ഷെ രാത്രി മുഴുവൻ എനിക്ക് ഈ അടുത്ത് സമീപിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല അപ്പൊ അവര് പറഞ്ഞു അതിലെനിക്ക് വലിയ ആശ്ചര്യമൊന്നുമില്ല ഞാൻ അങ്ങയെ സർവേശ്വരനായി കരുതിക്കൊണ്ട് ഈശ്വരന്റെ പ്രൊട്ടക്ഷനിൽ കിടക്കണ ഭാവത്തോടു കൂടെ ആണ് ഞാൻ കടന്നത് അതുകൊണ്ട് അങ്ങയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഈശ്വരൻ ഉണർന്നതുകൊണ്ടാണ് അങ്ങക്ക് സമീപിക്കാൻ കഴിയാത്തത് അല്ലാതെ എന്റെ ശക്തി കൊണ്ടൊന്നും എന്ന് അവർ പറഞ്ഞു എത്ര ദുഷ്ടരാണെങ്കിലും അയാളിലും ഈശ്വരത്വം ഉണർത്താൻ കഴിയുമെങ്കിൽ അത് പ്രയോജനപ്പെടും ഇവർ തൽക്കാലത്തേക്ക് വസുദേവൻ ഉണർത്തി ദീനവത്സലഹ എന്ന് വിളിച്ചത് കൊണ്ട് ഉള്ളിലുള്ള ഭഗവാനെ ഒന്ന് ഉണർത്തി കംസന്റെ ഉള്ളിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് കംസന് മുക്തി കിട്ടിയത് കംസന് മുക്തിയാണല്ലോ കംസന് ഭഗവത് പ്രാപ്തിയാണ് കംസന് സംരംഭയോഗം കൊണ്ട് കൃഷ്ണ ധ്യാനവും ഏർപ്പെട്ടു ഇത് കാണും അതെങ്ങനെ സാധിച്ചു കൃഷ്ണൻ പുറത്തുണ്ടായതുകൊണ്ടല്ല കംസന്റെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടാണ് കംസന്റെ ഉള്ളിലും ഭഗവാൻ അപ്പോ കംസനെ വസുദേവര് ദീനവത്സലൻ എന്ന് വിളിക്കാൻ കാരണം എന്താ ദീനവാത്സലനായ സർവേശ്വരൻ കംസന്റെ ഹൃദയത്തിലുണ്ട് ആ ദീനവത്സലനായ കംസന്റെ ഹൃദയത്തിലുള്ള സർവേശ്വരനെ ഉണർത്തി വസുദേവര് പ്രാർത്ഥിക്കുകയായിരുന്നു കംസന്റെ ഹൃദയത്തിലുള്ള ഭഗവാനെ ആ ബുദ്ധിയിൽ പ്രവേശിച്ച അല്പമൊന്നു മാറ്റാം കംസനെ അഡ്രസ് ചെയ്യുന്ന പോലെ തോന്നിയാ പോലും വസുദേവർ വാസ്തവത്തിൽ സംബോധന ചെയ്തത് കംസന്റെ ഹൃദയവാസിയായ വിഷ്ണുവിനെയാണ് കംസന്റെ ഹൃദയവാസിയായ ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ടാണ് വസുദേവർ യാർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിതമ കംസന്റെ ബുദ്ധി ഒന്ന് മാറ്റാനായിട്ടുള്ള പ്രാർത്ഥനയാണ് വസുദേവർ ചെയ്തത് കംസൻ ഒന്ന് സംശയിച്ചു അപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താനായി വസുദേവർ പറഞ്ഞു ഇതിന് അഖണ്ഠാന് സ്വാമി വേറൊരു അർത്ഥം പറഞ്ഞു കംസനെ ദീനവത്സലെന്ന് വിളിക്കാൻ പറ്റുമോ പാടില്ല അപ്പൊ ദീനവത്സലൻ എന്നുള്ള വാക്കിന് അദ്ദേഹം വേറെ ഒരു അർത്ഥം കൊടുത്തു ദീനാനാം അഭി വത്സാൻ പരമദീനന്മാരായ സാധുക്കളുടെ കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്നവൻ ആ അർത്ഥത്തിൽ ദീനവത്സലൻ എന്ന് അദ്ദേഹം അർത്ഥം കൊടുത്തു പക്ഷേ അതിനേക്കാളും നമുക്ക് പ്രബലമായിട്ട് ഡയറക്ട് മീനിങ് തന്നെ നോക്കിയാൽ എല്ലാവരുടെ ഉള്ളിലും ദീനവത്സലനായ സർവജ്ഞനായ സർവേശ്വരൻ കുടികൊള്ളുന്നു അത് ഉണർത്താൻ കഴിയുമെങ്കിലും പൂർണമായും ഒന്നും ഉണർത്തിയിട്ടില്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഉണർത്തിയാലും മതി ഇപ്പൊ കംസന്റെ ഉള്ളിൽ തൽക്കാലത്തേക്ക് വസുദേവരെ ഒന്ന് ഉണർത്തി ഒരു ദീനവത്സല ഭാവം വസുദേവരോട് കംസൻ പറഞ്ഞു ശരി തൽക്കാലം രക്ഷപ്പെടാം വസുദേവര് ഇവ ഈ ദേവകിയെ കൊണ്ട് തനിക്ക് ഉപദ്രവം ഒന്നുമില്ലല്ലോ ജനിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ ജനിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ സമർപ്പിക്കാം എന്ന് പറഞ്ഞു അഥവാ പെൺകുട്ടിയാണ് എന്താ വസുദേവൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ജനിച്ചതെങ്കിലും അഥവാ എട്ടു ജനിച്ചില്ലെങ്കിലും എന്തുവേണി സംഭവിക്കാമല്ലോ അപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഒരു ഏർപ്പാടാക്കി കംസൻ സമ്മതിക്കുകയും ചെയ്തു കാരണം എന്താ തൽക്കാലത്തേക്ക് കംസന്റെ ഉള്ളില് ഒരു ഉണർത്തി കംസൻ അതിനെ സമ്മതിച്ചു മാത്രമല്ല യാദവംശത്തിലുള്ളവരൊക്കെ ചുറ്റുംക്കണുണ്ട് അവരുടെ മുമ്പിൽ ഒരു നല്ല പേര് വാങ്ങിക്കുകയും ചെയ്യാം ഇപ്പൊ പേടികൊണ്ട് വാഴ ഉയർത്തിന്നല്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ടാകും ഒരുപാട് പൊതുജനങ്ങൾ ചുറ്റും നിൽക്കണുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു നല്ല പേര് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കുകയും ചെയ്തു കംസൻ ഇവരെ നല്ല കാവല് ഏർപ്പാടാക്കി ഇവരെ വസിപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് കീർത്തിമാൻ എന്ന് പേര് വെച്ചു ആദ്യത്തെ പുത്രൻ വസുദേവർക്കും ദേവകിക്കും കൃഷ്ണന്റെ അവതാരത്തിന് മുന്നോടിയായിട്ട് ആദ്യ അവതരിച്ച പുത്രനായതുകൊണ്ട് കീർത്തിമാൻ ആ കീർത്തിമാനെ വസുദേവർ ജനിച്ച ഉടനെ അല്പം പോകുന്ന സംശയിച്ചില്ല അതുകൊണ്ടാണ് വസുദേവർക്ക് ഭഗവാൻ പുത്രനായിട്ട് ജനിക്കുന്നത് സത്യനിഷ്ഠ സത്യസ്വരൂപനായ ഭഗവാൻ അവതരിക്കാൻ കാരണം എന്താ വസുദേവൻ സത്യനിഷ്ഠനായിരുന്നു ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് നമുക്ക് എത്ര ദുഃഖം ഉണ്ടായാലും വേണ്ടത് അത് പരിപാലിക്കണം വസുദേവര് തീരുമാനിച്ചു ജനിച്ച കുഞ്ഞിനെ കയ്യിലെടുത്തു കൊണ്ടുപോവാണ് കീർത്തിമന്തം പ്രഥമജം കംസായ ആനകദുന്ദുബിഹി അൽപ്പയാമാസ കൃത്രി അനൃതാത് കള്ളത്തിനെ പേടിക്കുന്നു കള്ളം പറയാൻ പാടില്ല അധർമ്മം ചെയ്യാൻ പാടില്ല കംസന് സമർപ്പിക്കാം എന്ന് വാക്കു ത ഏത് ഭഗവാൻ അങ്ങനെ ഒരു ആദർശം ഉള്ളിൽ തോന്നിപ്പിച്ചുവോ ആ ഭഗവാന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കംസന്റെ മുമ്പിൽ കൊണ്ടുചെന്നാക്കി അപ്പോ പരീക്ഷത്ത് ചോദിച്ചു ഒരു അച്ഛന് തന്റെ കുട്ടിയെ എങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റും അവ ശുഖാചാര്യർ പറയാ അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം കിം ദുസ്സഹം സാധൂനം വിദുഷാം കിം അപേക്ഷിതം അകാര്യം കദര്യാണ ദുസ്ത്യജം കിം ധൃതാത്മനം കിം ദുസ്സഹം സാധൂനം സാധുക്കളുടെ ലക്ഷണം എന്താ എന്തു വിഷമം വന്നാൽ അവർ സഹിക്കും തിദിക്ഷ എന്നുള്ളത്